തങ്ങളുടെ വീടുകളിൽ നിന്നും സമ്പത്തുകളിൽ നിന്നും പുറത്താക്കപ്പെട്ട അള്ളാഹുസ്ബഹാനഹു വച്ചായാലായായുടെ അനുഗ്രഹവും തൃപ്തിയും തേടിക്കൊണ്ട് അള്ളാഹുസ്ബഹാനഹുവചായാലായെയും അവൻറെ ദൂതനെയും സഹായിക്കുന്ന ദരിദ്രരായ ഹിജറ പോയവർക്ക് ഇത് നൽകണം അവരാണ് സത്യസന്ധർ